ക്ഷ ഭാഷയാണ് ചർച്ച ചെയ്ത് ഭാഷയത്തിൽ വരുന്ന വിഷമദസ്മത് പ്രത്യേക ഗോചരോ വിഷയവിഷയണോ തമ്മ പ്രകാശ സ്വഭാവം വിരുദ്ധ സ്വഭാവയോഹോ യുഷ്മദസ്മത് സമുപ്രഭാഷ വിരുദ്ധ സ്വഭാവവും ഇരട്ടും വെളിച്ചവും പോലെ പരസ്പര വിരുദ്ധമായ സ്വരൂപത്തോടുകൂടിയ വിഷമദസ്മത് പ്രത്യോഗവും ഇത് എന്നുള്ള അനുഭവത്തിന്റെ വിഷയവും വിഷയമായ വിഷയവും അഹം എന്നുള്ള അനുഭവത്തിന് ആശ്രയമായിരിക്കുന്ന വിഷയം ഇത് രണ്ടും ഇതിന് രണ്ടിലും എന്താണ് അതുകൊണ്ട് തദ്ധർമാണാമത്തി രണ്ടിന്റെയും നാമങ്ങൾക്കും സുതരാതിരേതരഭാവ അനുഭവത്തി അതിലും വ്യക്തമായ സ്മത് പ്രത്യേക യോജന വിഷയ ചിതാബ്ലകെ അതുകൊണ്ട് അഹമെന്നുള്ള ഈ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന ചിതാ ചിതാത്മാവിൽ ആത്മാവിൽ പ്രത്യേകോച വിഷയസ്യ ഇത് എന്ന് പറയുന്ന അനുഭവത്തിന് വിഷയമായിരിക്കുന്ന വിഷയത്തിന്റെയും തദ്ധർമാണാം വിഷയധർമ്മങ്ങളുടെയും അധ്യാസവും തദ്വിവരീണ അതിന് വിപരീതമായി വിഷയണതദ്ധർമാണാം വിഷയ ആത്മാവിന്റെയും ആത്മധർമ്മങ്ങളുടെയും വിഷയത്തിലുള്ള അധ്യാസവും താതാമ്യം അധ്യാസം മിഥ്യേത് ഭതും യുക്തം നടക്കില്ല എന്ന് കരുതുന്നതാണ് യോജിച്ചത് യോഗ്യം ഇത്രയാണോ ചർച്ച അധ്യാസം സാധിക്കത്തില്ല ഇതാണ് ഭാഷാരംഭം പക്ഷികാരൻ പറഞ്ഞ ഒരു വാക്യത്തെയാണ് ബാമതികാരൻ നിത്രയും അതിനൊരു പൂർവപക്ഷം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അവരോട് വിശദമായി വ്യാഖ്യാനിച്ചു അതിനെ വന്ന് വിശദീകരിക്കുന്നു ഏത ദുഃഖം ഭോതി പറഞ്ഞതിന്റെ താല്പര്യതാണ് വ്യാപ്ത അധ്യാസം എന്ന് പറയുന്നത് ഭേദാഗ്രഹത്താൽ വ്യാപ്തമാണ് ധൂമോന് ധൂമം മന്യാൽ വ്യാപ്തമാണ് ധൂമം മന്യാൽ വ്യാപ്തമാണെന്ന് പറയുമ്പോൾ വന്യവ്യാപകവും ധൂമം വ്യാപ്യവുമായി എന്നാണ് പറയുന്നത് എത്ര എത്ര ധൂമ തത്ര വന്യസോ ഭേദാഗ്രഹീണ വ്യാപ്തെന്ന് പറയുമ്പോൾ അധ്യാസം വ്യാപ്യവും ഭേദാഗ്രഹവും വ്യാപകവുമായി എത്ര എത്ര അധ്യാസ തേദാഗ്രഹ എവിടെ എവിടെയെല്ലാം അധ്യാസമുണ്ടോ അവിടെ എവിടെയെങ്കിലും ഭേദജ്ഞാനമില്ല എന്നാണ് തദ്വിരുദ്ധസ്ഥ ഇഹം അസ്തി ഭേദഗ്രഹം അതിന് വിപരീതമായി പറഞ്ഞ വ്യാപ്തിക്ക് വിപരീതമായി ഇവിടെ ആത്മാഅനാത്മാക്കളുടെ കാര്യത്തിൽ ഭേദഗ്രഹം അസ്തി ഭേദജ്ഞാനമുണ്ട് എന്നുവെച്ചാൽ ആത്മാവിനെ അനാത്മാവിനെ എല്ലാവരും അറിയുന്നു എന്നാണ് പൂർവക്ഷി പറയുന്നത് സോം നിവർത്തയൻ തൻവ്യാപ്തം അധ്യാസമി നിവർത്തേരി ഈ ഭേദജ്ഞാനം എന്ത് ചെയ്യുന്നു അത് അഗ്രഹം നിവർത്തയ ഭേദജ്ഞാനോണ്ട് അഗ്രഹത്തെ ഭേദജ്ഞാനം ഇല്ലായ്മ അതിനെ ഇല്ലാതാക്കുന്നു അതോടൊപ്പം തന്നെ ചെയ്തു തദ്വ്യാപ്തം അധ്യാസം അനാൾ വ്യാപ്തമായ അധ്യാസത്തെയും നിവർത്തിപ്പിക്കുന്ന ഭേദജ്ഞാനം ഉണ്ട് അധ്യാസമുണ്ട് മിഥ്യേത് ഭഗതി യുക്തം അതുകൊണ്ട് എന്താണോ അധ്യാസം ഇല്ലാത്തതാണ് മിഥ്യേത് ഭഗതി യുക്തം സമാധാന ഭാഷ തഥാപി എന്ന് തുടങ്ങുന്നുണ്ട് പൂർവപക്ഷ ഭാഷകാരൻ യുഷ്മസ്മത് പ്രത്യേക ഗോചര യോഗം എന്നാണ് തുടങ്ങിയത് അവിടെ യദ്യപിയുഷ്മസ്മത് പ്രത്യേക ഗോചര യോഗം എന്ന് വിചാരിക്കണം കാരണം യദ്യപി തഥാപി ശബ്ദങ്ങൾക്ക് നിത്യസംബന്ധമാണ് എത്ത് തത്ത് എന്നൊക്കെ പറയുമ്പോൾ അപ്പോ ആദ്യത്തെ ഒരു വരി പൂർവക്ഷവും രണ്ടാമത്തെ ഒരു സിദ്ധാന്തമാണ് പൂർവപക്ഷത്തെ പറയുന്ന എന്താണ് ആത്മാവിനെയും അനാത്മാവിനെയും എല്ലാവരും വേർതിരിച്ചറിയുന്നു അതുകൊണ്ടുകൂടെ അധ്യാസമില്ല ഇതമാത്ര ആകൃത്താം ഇതാണ് ഇതിന്റെ താല്പര്യം ഭവേത് ദൈവം നിങ്ങളീ പറഞ്ഞതൊക്കെ ശരിയാകും അഹമിത്യാനുഭവേ ആത്മതത്വം പ്രകാശ്യത അഹം എന്ന് പറയുന്ന ഈ അനുഭവത്തിലൂടെ ആത്മതത്വമാണ് പ്രകാശിക്കുന്നതെന്ന് വന്നാൽ നിങ്ങളീ പറഞ്ഞതല്ല ശരിയാവും പൂർക്ഷിയുടെ സിദ്ധാന്തി പറയുക പൂർക്ഷി പറയുന്നത് ശരിയല്ലെന്ന് പറയുന്നത് നത്വസ്ഥ അഹം എന്ന് പറയുന്ന നമ്മുടെ ഈ ജ്ഞാനം എന്നുള്ള അനുഭവത്തിലൂടെ ആത്മതത്വം പ്രകാശിക്കുന്നില്ല അതെങ്ങനെ സമസ്ത ഉപാധി അനവച്ഛി ഉദാസീനം ആത്മതത്വം ശ്രുതി സ്ഫുരുതിരാടേഷീയത ആത്മതത്വം എന്താണെന്നുള്ള ഇത്രയും വിശദീകരണം പറയുന്നു ഒന്നെന്താണത് സമസ്ത ഉപാധി അനവഛനം നിരുപാധികം ഒരുപാധിയത് അനന്തം അത് അനന്തമാണ് അത് ആനന്ദമാണ് ചൈതന്യകരസം കേവലം ജ്ഞാനസ്വരൂപമാണ് ഉദാസീനമാണ് അത് നിസ്സംഗമാണ് ഏകമാണ് അദ്വിതീയമാണ് ഇങ്ങനെ ഒരു ആത്മതത്വത്തെ ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണേഷ ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണങ്ങളെല്ലാം ഇതിനെ കുറിച്ച് ወ제దాని ఉపక్రమ పరామర్శ ఫసంహరేహి క్రియాసో విహరేణై దిర్ఘాత్మదత్తుం అభిదదతి తత్పరాణి సంధిజక్యాద చక్రేణాపి పరిచద ఉపచారియార్థాది కర్తమ్ ఏదాని ఈశూడే స్పరి దివా సప్తరాణంగదా ఉపక్రమ పరామర్శ ఫసంహరేహి ఉపక్రమం ఉపసంహారం పరామర్శ మధ్య తందదేశిక్య വൈദികമായ നിയമങ്ങളനുസരിച്ച് ക്രിയാസം ആവർത്തിക്കുക ഈ ദൃഗാത്മതത്വം അഭിതദ്ധതി ഈ പ്രതത്തിലുള്ള ഒരു ആത്മതത്വത്തെയാണ് ഈ ശ്രുതി സ്മൃതി ഇതിഹാസപുരാണങ്ങൾ പറയുന്നത് എങ്ങനെ ആദ്യം പറയുന്നു ഹസനം പറയുന്നു ഇടയ്ക്ക് പറയുന്നു ആവർത്തിച്ചു പറയുന്നു തത്പരാണി സന്ധി അതുകൊണ്ട് ഇതെല്ലാം എന്താണ് അതിന്റെയൊക്കെ താത്പര്യം ഈ ആത്മതത്വമാണോ അങ്ങനെയുള്ള ക്രീണാവി ഇന്ദ്രം വിചാരിച്ചാലും ഉപയോഗിച്ച് താഴ്ത്താൻ കർത്തും ശക്യാനും എന്നൊക്കെ ഗൌണാർത്ഥമാൻ്റെ മുഖ്യാർഥം എന്താണെന്ന് പറയാൻ കഴിയത്തില്ല എന്തുകൊണ്ട് പറയുന്നു അതിന്റെ വിദ്യാഭ്യാസ ഭൂയസ്ഥും അർത്ഥവും ഒരു കാര്യത്തെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണമെങ്കിൽ അതിൻ്റെ കൂടുതൽ ദാർഢ്യത വരും യഥാ പറയുന്നു അഹോ ദർശനീയ അഹോ ദർശനീയ സുന്ദരി ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ടിട്ട് ഒരാൾ വീണ്ടും വീണ്ടും പറയുന്നു അഹോ ദർശനീയ അവൾ കാണേണ്ടവള് തന്നെയാണ് കാണേണ്ടവള് തന്നെയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ അവൾ അത് സുന്ദരി എന്നർത്ഥം നന്മിനത്വം എന്തെങ്കിലും കുറവുണ്ടെന്ന് അതിനർത്ഥമില്ല അതുപോലെയാണ് ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ എന്താണ് ആത്മതത്വം ആണ് അവിടെ പറയുന്നതെന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് ഒരു ന്യൂനത്വമില്ല പ്രാഗേവ ഉപചരിതത്വം പിന്നെ അല്ലെങ്കിൽ ഓണാർത്ഥം ഓണാർത്ഥം അല്ല എന്നർത്ഥം മുഖ്യാർഥം തന്നെയാണ് അപ്പൊ ആത്മാവിനെ കുറിച്ച് പ്രധാനമായും മുഖ്യമായും ശ്രുതി ശ്രുതി പുരാണങ്ങളാണ് ഇനി അഹം അനുഭവത്തിന്റെ കാര്യം പറയാൻ സിദ്ധാന്തിയാണെന്നൊക്കെ പറയുന്നു പൂർവക്ഷത്തെ കണ്ടിട്ട് അഹമനുഭവസ്തു അഹംന്ന് പറയുന്ന അനുഭവമാണെങ്കിലോ പ്രാദേശികം ഈ ദേഹം കൊണ്ട് പരിച്ഛിന്നമായതാണ് അനേകവിധം പലതരത്തിലുള്ള ശോക ദുഃഖപ്ലദം ശോകം ദുഃഖം ഇതെല്ലാം കൊണ്ട് മുഴുകിയതാണ് അങ്ങനെ മുഴുകിയതായ ആത്മാവനം ആദർശിക്കുന്നത് അങ്ങനെ ഒരു ആത്മാവിനെയുള്ള അഹം അനുഭവം പ്രകടമാക്കുന്നത് കാണിച്ചു തരുന്നത് കഥ ആത്മ തത്വര ആത്മാവിന്റെ തത്വത്തേതങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത് വെളിപ്പെടുത്തുന്നില്ല എന്നർത്ഥം അതുകൊണ്ട് അഹോ എന്നുള്ള അനുഭവത്തിലൂടെ യഥാർത്ഥമായ ആത്മാവിനെ ആരൊക്കെ അറിയാൻ കഴിയത്തില്ല കഥം അനുഭപ്ലവ ഭ്രമം അല്ലാത്തതിനെ പറയാൻ പറ്റും അഹം അനുഭവം അത് ഒരു ഭ്രമം മാത്രമാണ് ശ്രുതിയാണ് ആത്മാവിന്റെ തത്വത്തെ കുറിച്ച് പറയുന്നത് അല്ലാതെ അഹോം എന്ന് പറയുന്ന അനുഭവം അല്ല പ്രധാനമായൊരു സിദ്ധാന്തം ആത്മാനുഭവം എന്ന് പറയുന്നത് ശ്രുതി പറയുന്നു പിന്നെ യുക്തിയിലൂടെ സമർത്ഥിക്കും മനുഷ്യന്റെ അനുഭവം അങ്ങനെ അല്ല അത് തന്നെ സുന്ദിയും ദുഃഖിയായിട്ടാണ് മനസ്സിലാക്കുന്നത് അത് ആത്മാനുഭവം എന്താ ഇഷ്ടപ്രമാണ പ്രത്യക്ഷ ായ സേവ ത സ്യപ്രാമണ്യം ഉപചരിതാർത്ഥത്വം ചെയ്തി യുക്തം രണ്ട് പ്രമാണങ്ങളാണ് ഒന്നാം പ്രമാണമാണ് പ്രത്യക്ഷം അത് കഴിഞ്ഞുവരുന്ന അതിനെ സംബന്ധിച്ച് എന്താണ് അത്രയും പ്രബലമല്ലാത്ത പ്രമാണമാണ് സ്മൃതി പ്രമാണം ഇപ്പൊ ഒന്നാം പ്രമാണത്തെ ജ്യേഷ്ഠ പ്രമാണെന്ന് പറയാൻ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രമാണമെന്ന് പറയാം ശ്രുതി അപ്രധാനം എന്ന് പറയാം ഇപ്പോൾ ഒന്നാം പ്രമാണമനുസരിച്ച് ആത്മാവ് ദുഃഖിയുമാണ് അപ്രധാനം അനുസരിച്ച് അത് ആത്മാവ് നിത്യശുദ്ധമാണ് വേദന സ്വീകരിക്കും സ്വീകരിക്കുന്നതാണ് ജ്യേഷ്ഠ പ്രമാണ പ്രത്യക്ഷ വിരോധ മുഖ്യമായ പ്രമാണമായ പ്രത്യക്ഷത്തിന് വിരോധമായതുകൊണ്ട് ആമനായ സോ തത് അപേക്ഷസ്യ പ്രാമാണ്യം ആ പ്രത്യക്ഷത്തെ ആശ്രയിക്കുന്ന ശ്രുതി എന്താണ് അത് പ്രമാണമല്ല ഉപരിചരിതാർത്ഥത്തോ ഗൗണമായാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് മുഖ്യാർത്ഥത്തെടുക്കരുത് ആത്മാവിശു നിത്യശുദ്ധ ബുദ്ധമുക്തൊന്നുമല്ല എന്നാണ് പൂർവക്ഷി പറയുക ഇതി എന്നുവെച്ചാൽ യുക്തമെന്ന് സിദ്ധാന്തി പറയുന്നു എന്തുകൊണ്ട് അത് എന്താണ് ഒന്നാം പ്രമാണം പ്രത്യക്ഷം തന്നെയാണ് പ്രഥമ പ്രമാണം പക്ഷെ പിന്നീട് വരുന്നതാണെങ്കിൽ ശ്രുതിക്ക് പ്രാധാന്യം എന്തുകൊണ്ട് തസ്തമസ്തോഷകതയാ ബോധകതയാസിദ്ധ പ്രമാണഭാവസ്ഥ സ്വകാര്യ പ്രമിതോ അനപേക്ഷത്വ പറയുന്നു തസ് അപ്പോരുഷയതയ ശ്രുതി എന്ന് പറയുന്ന അപോരുഷയമാണ് മനുഷ്യരും സൃഷ്ടിച്ചല്ലാതെ സൃഷ്ടിച്ചാണ് അത് ഒരു ദോഷത്തെയും ശങ്കിക്കാൻ കൂടി പാടില്ല സംശയിക്കാനേ പാടില്ല അത് സ്വതപ്രമാണമാണ് മറ്റൊന്നിനെ ആശ്രയിച്ചതല്ല അതിന്റെ പ്രാമാണ്യം ശ്രുതിയുടെ അതുകൊണ്ടാണ് സ്വകാര്യ പ്രമിതവും ആ ശുദ്ധിയിൽ നിന്നുണ്ടാകുന്ന പ്രമേൽ അനുപേക്ഷത്വം അത് പ്രത്യക്ഷവും വരുന്ന ഒന്നാം പ്രമാണമാണ് ഇതിന് ശ്രുതി അതിൽ നിന്നുണ്ടാകുന്ന യഥാർത്ഥ ജ്ഞാനത്തിന് വേണ്ടി പ്രമിതിക്ക് വേണ്ടി അത് പ്രത്യക്ഷത്തെ ആശ്രയിക്കുന്നില്ല പ്രമിതോ അനവേക്ഷത്വ അഭ്യുത്പത്വ പ്രത്യക്ഷാപേക്ഷത്വ തദ്രോധനുപത്തിരക്ഷണോ അപ്രാഹ്മണ്യ വിരിചയെന്ന് പറയുന്നത് അത് ശരി തന്നെയാണ് ശ്രുതി അതിൽ നിന്നുണ്ടാകുന്ന പ്രമീൽ പ്രത്യക്ഷത്തെ ആശ്രയിക്കുന്നില്ല എങ്കിലും അതിന്റെ ഉത്പത്തിയിൽ ആ പ്രമീതിയുടെ ഉത്പത്തിയിൽ ശ്രുതി പ്രത്യക്ഷത്തെ ആശ്രയിക്കുന്നുകൊണ്ട് പ്രത്യക്ഷ ശ്രവണേന്ദ്രിയങ്ങളിലൂടെ കേൾക്കണമെങ്കിൽ ശ്രുതിയെ അപ്പൊ അത് പ്രമാണമാണ് ശ്രവണേന്ദ്രിയ അതിലൂടെ കേട്ടിട്ടാണ് ഒടുവിൽ ശ്രുതിയിൽ നിന്നും നിത്യമു മുക്തനായ ആത്മാവിനെ മ യഥാർത്ഥ അനുഭവം ഉണ്ടാകുന്നു അപ്പോൾ ആ പ്രമയിൽ നേരിട്ട് പ്രത്യക്ഷത്തെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും പ്രത്യക്ഷമായ ആ ശ്രവണേന്ദ്രിയം ശ്രുതി ശബ്ദരൂപത്തിലൂടെയാണ് ആ ശബ്ദത്തെ ഗ്രഹിക്കുന്നത് ശ്രവണേന്ദ്രിയത്തിലൂടെ കൂടെയാണ് അപ്പോൾ ആ ശബ്ദഗ്രഹണത്തിൽ അതിനത് ആശ്രയിക്കുന്നുണ്ടപ്പോ അതിന്റെ ഉത്പത്തിയിലത ശ്രയിക്കുന്നുണ്ട് ശബ്ദഗ്രഹണത്തിൽ ആശ്രയിക്കുന്നതിനാണെന്ന് പറയുന്നത് ഉത്പത്തിയിൽ അത് ആശ്രയിക്കുന്നുണ്ട് പറയുന്നു അതാണ് പ്രമിതവും അനപേക്ഷത്വേദി ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന പ്രമയിൽ ശ്രുതി ഒരിക്കലും പ്രത്യക്ഷത്തെ ആശ്രയിക്കുന്നില്ലെങ്കിലും ഉത്പത്തവും ശ്രവണേന്ദ്രിയത്തിലൂടെ ആ ശബ്ദത്തെ ഗ്രഹിച്ചാലേ പിന്നീട് പ്രമേയുണ്ടാകത്തു അതുകൊണ്ട് ആ ശ്രുതിയുടെ ഉത്പത്തിയിൽ പ്രത്യക്ഷ അപേക്ഷത്വ പ്രത്യക്ഷത്തെ അപേക്ഷിക്കുന്നു തദ്വിരോധ അപ്പോ ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന ആ പ്രമാ പ്രത്യക്ഷ പ്രമാണത്തിന് വിരോധമാണ് എന്തുകൊണ്ട് ശ്രുതി പറയുന്നത് ബ്രഹ്മസത്യം ജഗം മിഥ്യ അപ്പോ ശ്രുതി പറയുന്നതിനനുസരിച്ച് പ്രത്യക്ഷ പ്രമാണ ശ്രവണയും ചെയ്യും ജഗത്തിൽപ്പെടുന്നുള്ളത് മിഥ്യായി അപ്പോ അത് മിഥ്യായി അപ്പോൾ മിഥ്യയായി കഴിഞ്ഞാൽ അതിനെ ആശ്രയിച്ച് എങ്ങനെയാണ് ശ്രുതി ഉത്പന്നമാകുന്നത് ശ്രുതി ഉൽപന്നമാണി ശ്രവണേന്ദ്രിയ വേദം പറയുന്നത് ബ്രഹ്മ ഒഴികെല്ലാം മിഥ്യാണ് അപ്പോൾ ശ്രവണേന്ദ്രിയ മിഥ്യയായി പിന്നെ ശ്രവണീന്ദ്രിയ ആശ്രയിച്ചു മിഥ്യയായി അതുകൊണ്ട് എന്ത് വരും ശ്രുതി ഉണ്ടാകത്തില്ല ശ്രവണേന്ദ്രിയല്ലാതെ ഉണ്ടാവും അനുപത്യ ലക്ഷണപ്രാമാണ്യം ശ്രുതിയിൽ നിന്ന് ശ്രുതി ഉണ്ടാകുക ഉണ്ടാകത്തില്ല സ്ഥിതി ചെയ്യുന്ന ഉത്പാദക അപ്രതിബന്ധിത്വം അതൊന്നും പറയേണ്ട കാര്യമില്ല ഉത്പാദകമായ ആ ശ്രവണേന്ദ്രിയവും ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന പ്രമ പ്രമേന്നൊരു വിരോധവും ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന പ്രമ ശ്രവണേന്ദ്രിയത്തെ ബാധിക്കുന്നില്ല ഉത്പാദകം അതാണ് ശ്രുതിയെ ഉണ്ടാക്കുന്ന അതിന് ദോഷവും ചെയ്യുന്നില്ല ാണ് ഉത്പാദകൾ ഉത്പാദകമായ ശ്രവണേന്ദ്രിയത് വിരോധിയല്ല എന്നർത്ഥം ആഗമജാനം സാം വ്യവഹാരികം പ്രത്യക്ഷ പ്രാമാണികൾ എന്തുകൊണ്ടല്ല പറയുന്നു ശ്രുതിയിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുമ്പോൾ ശ്രുതി പറയുന്നു ഈ പ്രപഞ്ചമെല്ലാം മിഥ്യാണ് അപ്പോൾ ശ്രവണീന്ദ്രം മിഥ്യയാണ് പിന്നെ അതിൽ നിന്നും ശ്രവിക്കാൻ പറ്റത്തില്ല അങ്ങനെയല്ല എല്ലാർത്ഥം ശ്രുതി പറയുന്നത് എന്താണ് ഈ പ്രപഞ്ചം വ്യാവഹാരികമായ സത്യമാണ് അതിനും നിഷേധിക്കുന്നില്ല അപ്പോൾ ശ്രവണേന്ദ്രൻ വ്യാവഹാരികമായ സത്യമായതുകൊണ്ട് അതിനെ ആശ്രയിച്ചിട്ട് എന്തുണ്ടാവും ശ്രുതി ഉണ്ടാകും ശ്രുതി എന്ന് ഞാനും ഉണ്ടാകും അപ്പോൾ ശ്രുതി പ്രപഞ്ചത്തെ നിഷേധിക്കുന്ന എന്താണ് വ്യാവഹാരികമായി സത്യം ഒന്ന് അംഗീകരിച്ച് പാരമാർത്ഥികമായി നിഷേധിക്കുകയാണ് വ്യാവഹാരികമായി അംഗീകരിക്കുന്നതുകൊണ്ട് ഇവിടെ വിരോധമൊന്നുമില്ലാഗമെന്നുണ്ടാകുന്ന ബ്രഹ്മസത്യം ജഗന്മിഥ്യം സാംവ്യവഹാരികം പ്രത്യക്ഷ്യം പ്രത്യക്ഷത്തിന്റെ സാംവ്യവഹാരികം വ്യാവഹാരികമായ പ്രാമാണ്യത്തെ ി നശിപ്പിക്കുന്നില്ല ഏനാ കാരണം ആ ബാബ എന്ന ഭവയെ അങ്ങനെ നശിപ്പിച്ചിരുന്നു എങ്കിൽ എന്താണ് ഈ ശ്രുതിയുടെ ഉത്പത്തിക്ക് കാരണമായിരുന്ന ആ പ്രത്യക്ഷ പ്രമാണം ഇല്ലാത്തത് കൊണ്ട് ശ്രുതി ഉത്പന്നമാകാതിരുന്നേ അങ്ങനെയായിരുന്നു എങ്കിൽ ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന പ്രമ പ്രത്യക്ഷത്തിന് നിരാകരിച്ചിരുന്നു അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തോലും അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാൽ കാരണഭാവ ശ്രുതിയുടെ ഉത്പത്തിക്ക് കാരണമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ ശ്രവണേന്ദ്രിയം ഇല്ലാത്തത് കൊണ്ട് ഇന്നഭവേ ശ്രുതി ഉണ്ടാകത്തില്ല പക്ഷെ അഭിത്തു താത്വികം നിഷേധിക്കുന്ന എന്താണ് പാരമാർത്ഥികമായി നിഷേധിക്കുകയാണ് വ്യവഹാരമായി അംഗീകരിക്കുകയാണ് ശ്രുതി എന്താ പറയുന്നത് ബ്രഹ്മസത്യം ജഗത് മിഥ്യെന്ന് പറഞ്ഞാൽ വ്യാവഹാരികമായി ശ്രവണേന്ദ്രിയോണ്ട് പാരമാർത്ഥികമായിട്ടില്ല എന്നാണ് അതെന്താ പറയുക അതുകൊണ്ട് വ്യാവഹാരികമായിരിക്കുന്ന ആ പ്രത്യക്ഷ പ്രമാണമാകുന്ന ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ച് ശ്രുതി ഉണ്ടാകും അതെന്ത് ബോധമുണ്ടോ അതാണ് ഇതും പരമാർത്ഥമായിട്ട് ഇല്ലെന്നാണ് പറയുന്നത് വ്യാവഹാരികമായിട്ടില്ലല്ലോ അപ്പൊ പ്രപഞ്ചം മിഥ്യ എന്ന് പറഞ്ഞാൽ പാരമാർത്ഥികമായ പ്രപഞ്ചം ഇല്ല എന്ന വ്യാവഹാരികമായിട്ടുണ്ടാദകം പറഞ്ഞു പാരമാർത്ഥികമായിട്ട് ഇല്ലാതിരിക്കുന്ന പാരമാർത്ഥികമായിട്ട് ഇല്ലാതിരിക്കുന്ന ശ്രവണേന്ദ്രിയ ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന പ്രമയ്ക്ക് കാരണമായിരിക്കുന്നുണ്ട് മായി ഇല്ലാതിരിക്കുന്ന ശ്രവണേന്ദ്രിയം എന്ന് പറഞ്ഞാൽ ശരിയാണ് പക്ഷെ വ്യാവഹാരികമായി ഇല്ലാതിരിക്കും ശ്രവണേന്ദ്രിയം അത് ശ്രുതികുന്ന ഓർമ്മയ്ക്ക് കാരണമാണ് തത് തസ്യ ഉത്പാദകുന്ന വ്യാവഹാരികം പാരമാർത്ഥികമായി ഇല്ലാതിരിക്കുന്ന ശ്രവണേന്ദ്രിയല്ല എന്റെ ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന ക്രമയ്ക്ക് കാരണം മറിച്ച് എന്താണ് വ്യാവഹാരികമായി ഉള്ളതായി വ്യാവഹാരികമായി ഉള്ളതായ ശ്രവണേന്ദ്രിയാണ് എൻ്റെ അതിൽ നിന്നുണ്ടാകുന്ന ക്രമയ്ക്ക് കാരണം അതുകൊണ്ട് ശ്രവണേന്ദ്രിയം വ്യാവഹാരികമായിട്ടുണ്ട് അതിൽ നിന്ന് ബ്രഹ്മ സത്യം ജഗന് മിഥ്യ എന്നുള്ള ഞാനുണ്ടാകും അത് പാരമാർത്ഥികമായിട്ടില്ല അതുകൊണ്ട് ദോഷവും അതുകൊണ്ട് പറയുന്നു ആ താത്വിക പ്രമാണഭാവേഭ്യസാം വ്യാവരിക പ്രമാണേഭ്യ തത്വപ്രതിപത്തിജനം പറയുന്നു പാരമാർത്ഥികമായിട്ടില്ലാത്തതും വ്യാവഹാരികമായിട്ടുള്ളതുമായ പ്രമാണങ്ങളിൽ നിന്ന് യഥാർത്ഥം ഞാൻ ഉണ്ടാകാം പാരമാർത്ഥികമായിട്ട് ഇല്ലാത്തതും വ്യാവഹാരികമായിട്ടുള്ളതുമായിട്ടുള്ള പ്രമാണങ്ങളിൽ നിന്ന് തത്വം ഉണ്ടാകാം ഉദാഹരണം പറയുന്നു തഥാജ വർണ്ണയ ഹർവത്വ ദീർഘത്വയോ അന്യധർമ്മ അവിസമാരോപിതാ തത്വപ്രതിപത്തിയാണ് വർണ്ണങ്ങൾ ആ വർണ്ണത്തിൽ വരുന്ന ഹർസവും ദീർഘവും അതിൻ്റെ ധർമ്മങ്ങളല്ല അത് ധ്വനിയുടെ ധർമ്മങ്ങൾ അങ്ങോട്ട് ആരോപിച്ചിരിക്കുകയാണ് അത് പാരമാർത്ഥികമല്ലെങ്കിലും എന്തുവരുന്നു അവയെ ആശ്രയിച്ച് ശാബ്ദബോധം ഉണ്ടാകുന്നുണ്ട് ബോധമുണ്ടാകുന്നതിന് അതിൻ്റെ പ്രമാണം പരമാർത്ഥമായിരിക്കണെന്നില്ല എന്നാണ് തർണ്ണത്തിൽ അന്യധർമ്മ അന്യധർമ്മങ്ങളാണ് ധ്വനിധർമ്മാണ് ആ വി എങ്കിലും സമാരോപിതാഹ അതൊക്കെ വർണ്ണത്തിൽ ആരോപിച്ചിരിക്കുകയാണ് കർഷവ ദീർഘത്വങ്ങൾ അതുകൊണ്ട് എന്തുവരുന്നു തത്വപ്രതിപത്തിഥാർത്ഥ ജ്ഞാനത്തിന് കാരണമാണ് അതിനുദാഹരണം പറയുന്നു ാഗ ഇതി വ നഗ ഇതിവാ പദാത്മജലം തരും പ്രതിബദ്യമാനാഹാ ഭവന്തി ഭ്രാന്താഹാ അതുകൊണ്ടാണ് സാധാരണ മനുഷ്യർ നാഗം എന്ന് കേൾക്കുമ്പോൾ ആനയെന്നും നഖം എന്ന് കേൾക്കുമ്പോൾ പർവ്വതം ഒന്നും മനസ്സിലാക്കുന്നു നാഗത്തിൽ നഗാത്തിനു ശേഷം ദൈവമുണ്ട് നഗന്നു പറയുന്ന അപ്പോൾ ഈ ഭേദത്തെ അംഗീകരിക്കുന്നത് ഈ ഭേദത്തെ ആശ്രയിച്ചിട്ട് ഇതെന്താണ് ഈ ഭേദമെന്ന് പറയുന്നത് ഒരിടത്ത് ഹർസം ഒരിടത്ത് ദീർഘം വരുന്ന എന്താണ് വ്യാവഹാരികമായ ഒരു യാഥാർത്ഥ്യമാണ് പാരമാർത്ഥികമായി വർണ്ണങ്ങളിലൊന്നും ഈ ഹ്രസ്വ ദീർഘങ്ങളൊന്നുമില്ല വർണം നിത്യമായിട്ടാണ് മീമാവസര് സ്വീകരിക്കുന്നത് അങ്ങനെ നിത്യമായിരിക്കുന്ന ഈ വർണ്ണങ്ങളിൽ ഹ്രസ്വം ദീർഘം പോലെയുള്ള ഇതൊക്കെ ആരോപിച്ചിരിക്കുകയാണ് ആരോപിച്ച് അതിനെ ആശ്രയിച്ചിട്ടാണ് എന്താണ് നാഗ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നഗ എന്ന് പറഞ്ഞാൽ പർവ്വതോറും ബോധമുണ്ടാവുന്നു അതാണ് ലൗകികൗകർ നാഗ എന്നോ നഗ ഇതിവാ നഗന്നോ പദ ഈ പദത്തിൽ നിന്ന് കുഞ്ചരം തരുമാ നാഗ എന്ന് പറഞ്ഞാൽ ആനയെയും നഗ എന്ന് പറഞ്ഞാൽ വൃക്ഷത്തെയും ഗ്രഹിക്കുന്നവർ ഭ്രാന്തന്മാർ വ്യാവഹാരികമായ പ്രമാണങ്ങളിൽ നിന്ന് യഥാർത്ഥമായി ഞാൻ ഉണ്ടാകുന്നുള്ളതിന് ഉദാഹരണമാണ് ഈ പറഞ്ഞത് എന്നുവെച്ചാൽ അനന്യപരം വാക്യം സ്വാർത്ഥം പരിചിതാർത്ഥം യുക്തം ഒരു വാക്യത്തിന്റെ താല്പര്യം അതിന്റെ താല്പര്യം വേറെ ഒന്നും ഇല്ലെങ്കിൽ അത് സ്വാർത്ഥേ അതിന്റെ അർത്ഥത്തിൽ അത് ഗുണമാകത്തില്ല എന്നാണ് അതിന് വേറെ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ എന്നാണ് ഒരു വാക്യം പ്രയോഗിക്കുമ്പോൾ അതിന് വേറെ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ എന്നുവച്ചാൽ അനന്യപരം വാക്യം വേറൊരു താല്പര്യം ഇല്ലാത്തതായിട്ടുള്ള വാക്യം സ്വാർത്ഥയും ഏതർത്ഥത്താണോ പറയുന്നത് അതിലത് ഉപരിചിത അർത്ഥം നയുക്തം ഗുണമാകത്തില്ല എന്ന് വെച്ചാൽ ഒരു വാക്യം എപ്പോഴും എന്തു ചെയ്യുന്നു അതിൻ്റെ മുഖ്യമായ അർത്ഥത്തെയാണ് പറയുന്നത് ഗുണമായ അർത്ഥത്തെ എന്തുകൊണ്ട് അതാണ് അതിൻ്റെ താല്പര്യം അതിനാണോ താല്പര്യം അതായിരിക്കും പറയുന്നത് മീ അത് ജൈവിന് പറഞ്ഞിട്ടുണ്ട് ഉന്ന വിധു പരശബ്ദാർത്ഥ ഒരു വിധിവാക്യം എടുത്തു കഴിഞ്ഞാൽ ആ വാക്യത്തിന്റെ അർത്ഥമെന്ന് പറയും ഇന്നത് ഒരിക്കലും ഗൌണാർത്ഥമായിരിക്കില്ല രക്ഷയാർത്ഥമായിരിക്കുന്ന അതൊന്നും അല്ല വിധിവാക്യങ്ങൾ ശബ്ദാർത്ഥം പരമായിരിക്കത്തില്ല ജ്യേഷ്ഠ അനുപേക്ഷിതാധ്യത്വ ഏതിന ബാധകത്വേ ജ്യേഷ്ഠം എന്നുവെച്ചാൽ പ്രഥമമായ അത് എന്തോ അത് എന്ത് ചെയ്യുന്നു കനിഷ്ഠം കനിഷ്ഠത്താൽ ബാധിക്കപ്പെടും ഇളയവൻ ചേട്ടനെ ബാധിക്കും ഇല്ലാതെ അപ്പൊ ആദ്യമുണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു രണ്ടാമത്തെ ജ്ഞാനം കൊണ്ട് ആദ്യത്തെ ജ്ഞാനം ബാധിച്ചു ആണ് പറയുന്നത് ജ്യേഷ്ഠത്വം അപേക്ഷിത ബാധ്യത്വം ചെയ്തു എന്ന് പറയുന്നത് എന്താണ് അത് അടുത്തത് ത്തിന്റെ അനപേക്ഷിതം അതിനെ അപേക്ഷിക്കാതെ ഉണ്ടാകുന്ന മറ്റു ജ്ഞാനം കൊണ്ട് അത് ബാധിച്ചു പോവും എന്നാ ബാധകത്വേ അല്ലാതെന്താണ് അത് ബാധിക്കാതിരിക്കുന്ന അത് ബാധകമാണ് അത് ബാധിച്ചു പോവുകയാണ് ഒന്ന് രണ്ട് രണ്ട് ഞാനും ഉണ്ടാകുമ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ ഞാനും ബാധിച്ചത് അതുകൊണ്ട് ഒന്നാമത്തെയാണ് അതുകൊണ്ട് എന്താണ് അത് രണ്ടാമത്തേനെ ബാധിക്കുമെന്നല്ല ബാധകത്തെ ഒന്നാമത്തെ രണ്ടാമത്തേനെ ബാധിക്കുന്നില്ല രണ്ടാമത്തെ ഒന്നാമത്തേനെ ബാധിക്കുന്നു ഉദാഹരണം പറയുന്നു രജതജ്ഞാന ജായസഹ ശുക്തിജ്ഞാനേന കനീയസ ബാദ്യം ഉണ്ടാകുന്നത് രജതജ്ഞാനമാണ് രണ്ടാമതുണ്ടാകുന്നത് ശുക്തിജ്ഞാനമാണ് അപ്പോ ഒന്നാമത്തെ ജ്ഞാനമായതുകൊണ്ട് അതിനാണ് ബലമെന്ന് പറയാൻ പറ്റില്ല ഒന്നാമത് ഉണ്ടായിക്കഴിഞ്ഞാൽ രജതജ്ഞാനത്തിന് രണ്ടാമതുണ്ടാകുന്ന ശക്തിജ്ഞാനം ബാധിച്ചത് ഒന്നാമത് ഉണ്ടാകുന്ന സർപ്പജ്ഞാനത്തെ രണ്ടാമതുണ്ടാകുന്ന രഗ ജ്യേഷ്ഠൻ അങ്ങനെ അനിയൻ ആണ് ബാധിക്കുന്നത് മറിച്ച് അനിയനെ ജ്യേഷ്ഠനെ ബാധിക്കുന്നു അതുകൊണ്ട് എന്തുവരുന്നു പ്രത്യക്ഷത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനത്തെ അനിഷ്ടമായ ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന ആ ജ്ഞാനം എന്ത് ചെയ്യുന്നു ബാധിക്കും യേ തത് അപബാധാത്മനത്തസ്യോത്പത്തേ അനുപത്തേയേ രണ്ടാമത്തെ ജ്ഞാനം ഒന്നാമത്തേതിനെ ബാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാധിച്ചുകൊണ്ട് രണ്ടാമത്തെ ജ്ഞാനത്തിനുണ്ടാകാനും കഴിയത്തില്ല ആദ്യം ഒരാൾക്ക് രജതജ്ഞാനം ഉണ്ടായി രണ്ടാമത്തെ ശുക്തിജ്ഞാനം ഉണ്ടായി ആ ശുക്തിജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്തു ഒന്നാമത്തെ രജതജ്ഞാനത്തെ ബാധിച്ചുകൊണ്ടേ അതിനുണ്ടാകാൻ പറ്റും ആദ്യ സർപ്പജ്ഞാനം ഉണ്ടായി രണ്ടാമത് രജനജ്ഞാനം ഉണ്ടായി ആ രജി ഞാനുണ്ടാവണമെങ്കിൽ എന്ത് വേണം ആദ്യത്തെ ആ സർപ്പജ്ഞാനത്തെ ബാധിച്ചുകൊണ്ടേ രണ്ടാമത്തേനുണ്ടാകാൻ പറ്റും അതുപോലെ ശ്രദ്ധിയെന്ത് ചെയ്യുന്നു പ്രത്യക്ഷത്തെ ബാധിക്കുന്നു അതാണ് തത് അനുപബാധയേ അതിനെ ബാധിക്കായിരുന്നു കഴിഞ്ഞാൽ തത് ബാധിക്കുന്ന തസ്യ ഉത്പത്തി അനുഭവത്തെ അനുപേക്ഷിതം ഇപ്പോ എന്ത് ചെയ്യുന്നു താത്വിക പ്രമാണം എന്തു ചെയ്യുന്നു അത് സ്വതന്ത്രമാണ് എന്നുള്ള കാര്യം ദർശിതം പൂർവവിമാസയിലത് പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാ രണ്ടാമത്തത് എന്ത് ചെയ്യുന്നു ഒന്നാമത്തെ ബാധിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ശ്രമതി എന്ന് പറയുന്നത് എന്താണ് അത് അനപേക്ഷമായ പ്രമാണമാണ് പ്രത്യക്ഷമെന്ന് പറയുന്നതോ അതിന് സ്ഥിതി ആശ്രയിക്കുന്നില്ല തഥാമർശം സൂത്രം പരമർഷി ജമിനി പ്രളീതമായ സൂത്രം പാരമർഷ സൂത്രം പറയുന്നു പൗർവാപരിയെ പൂർവ്വദൗർബല്യം പ്രകൃതിവത് പൂർവപരങ്ങൾക്ക് തമ്മിൽ വരുന്നിടത്ത് എന്ത് വരുന്നു പൂർവപര്യം കർമ്മങ്ങളുടെ അക്രമം വരുമ്പോൾ പൂർവ്വത്തിന് ദുർബലമാകും ബലത്തിൽ വരുന്ന കുറവത്തിന് ബലം വരും പ്രകൃതി പ്രകൃതി പ്രകൃതി യാഗങ്ങളെ പോലെ അവിടെ എങ്ങനെയാണോ പൂർവ്വം ദുർബലവും പരം ബലവുമാകും അതുപോലെയാണ് അതിന്റെ ഉദാഹരണങ്ങളൊന്നും പറഞ്ഞിട്ടുള്ളതാണ് ഥാ പൂർവാത് പരവനീയസ്തും തത്ര നാമ പ്രതീയതാം അന്യോന്യനിരപേക്ഷാണാം എത്ര ജന്മ ധിയാം അന്യോന്യനിരപേക്ഷങ്ങളായി എത്ര ധിയാം ജന്മ ഭവേത് എവിടെയാണോ രണ്ട് ബോധങ്ങളുണ്ടാകുന്നത് അവിടെ പൂർവത്തേക്കാൾ പരത്തിന് ബലം കൂടും പരസ്പര നിരപേക്ഷങ്ങളായി എവിടെയാണോ ഒന്നിന് പിറകെ ഒന്നായി രണ്ട് ബോധം ഉണ്ടാകുന്നത് അത് പുറത്തപേക്ഷിച്ച് പരത്തിൽ ബലം കൂടുതലായിരിക്കും അതിന് ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത് രജതജ്ഞാനവും ശുദ്ധിജ്ഞാനവും ഇവര് പരസ്പരം ആശ്രയിക്കാതെ രണ്ട് ജ്ഞാനങ്ങളുണ്ടായി രജതജ്ഞാനോ ശുദ്ധിജ്ഞാനവും അപ്പം പൂർവാത് പരപരീയസ്തും രണ്ടാമത് വന്ന ശുദ്ധിജ്ഞാനം ഒന്നാമത്തെ രജതജ്ഞാനത്തെ ബാധിക്കുന്നു എന്നർത്ഥം ഉം mm.